ശരി <sharp inhale> <sharp inhale> ിസ്ഥോസ് അത് വിശദീകരിച്ചാണ് ജനത്തിനൊരു ഭാവമാണ് ധർമ്മശാസ്ത്ര തത്വജ്ഞമാണ് തഥ സ്മൃതിസന്തൂപാസി തഥാ തന്നൂല സാക്ഷീ ജ്ഞാനപർവതേ പ്രദർശനം ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളും ജ്ഞാനത്തിന്റെ ഭാഗങ്ങളാണ് ജ്ഞാനപ്രമ ജ്ഞാനഭാഗം അപ്പൊ ഒന്ന് ശാസ്ത്രതഹ തത്വജ്ഞാസ്ത്രത്തിൻ്റെ ശ്രവണത്തിലൂടെയും മനനത്തിലൂടെയും ശാസ്ത്രതത്വം എന്താണെന്ന് വ്യക്തമായി അറിയും അതാണ് ശാസ്ത്രതത്വജ്ഞ ശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന തത്വം എന്താണ് ഇപ്പോൾ ഓരോരുത്തരും വ്യാഖ്യാനിക്കുന്നതനുസരിച്ചുകൂടെ ഇപ്പം രാമാനുചാചാര്യ വ്യാഖ്യാനം അനുസരിച്ച് എന്താണ് ഈ ശാസ്ത്രത്തിൽ തത്വം അതിനെക്കുറിച്ചുള്ള ശരിയായ ആദ്യമുള്ളത് അത സ്മൃതി സന്ധതിയോ ഉപാസനം അടുത്താണ് ഉപാസിക സ്മൃതിസന്ധതി ഉപാസന സ്മൃതി സന്തതി എന്ന് പറയുന്നത് ശങ്കരാചാര്യരും പറയും രാമാചാചാര്യനും പറയും അതിന് സ്മൃതി എന്ന് പറയുന്നത് പ്രാധാന്യം സന്തതി എന്ന് വെച്ച പ്രവാഹം സ്മൃതിയുടെ പ്രവാഹം എന്ന് പറയുമ്പോൾ ആ സ്മൃതിയിൽ ഭ്രംസങ്ങളൊന്നും വരാൻ പാടില്ല സ്മൃതിയിൽ ഭ്രംശം അന്ന് വരാൻ പാടില്ല പ്രവാഹം നൽകുമ്പോൾ ഒഴുക്കാണ് അപ്പോ ഒരേ സ്മരണയിൽ തന്നെ അനുസന്ധാനിക്കുക അത് ശാസ്ത്രം ശ്രമിക്കുമ്പോൾ ശ്രവണമെന്ന് പറയുമ്പോൾ ശബ്ദത്തെ ഗ്രഹിക്കും ചിലപ്പോൾ അർത്ഥത്തെ ഗ്രഹിച്ചെന്ന് പറഞ്ഞ് വരാം ചിലപ്പോൾ ഗ്രഹിച്ചില്ലെന്നും വരാം ശബ്ദത്തെ നമ്മൾ മനസ്സിലാക്കാൻ നിൽക്കുന്ന അർത്ഥം മനസ്സിലാകുമെന്നില്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രാമ പുത്ര ഇരിക്കുന്ന എല്ലാവരും ശബ്ദത്തിന്റെ ജ്ഞാനം ഉണ്ടാകാനെല്ലാവർക്കും എല്ലാവരും അശബ്ദം കേട്ടു അപ്പൊ നിശബ്ദം ഞാൻ ഇനി ഓർമ്മ ശക്തിയുള്ളവർക്ക് ഈ ശബ്ദത്തിന്റെ സ്മൃതി സന്താനം അത് സാധിച്ചു ആ ശബ്ദത്തെ നിരന്തരം ഓർമ്മിക്കാനും പറ്റും പക്ഷെ സംസ്കൃത ഭാഷയിൽ പരിചയമുള്ളവർക്ക് മാത്രമേ അതിന്റെ അർത്ഥം പിടിയില്ലാത്തുള്ളൂ അപ്പൊ ശബ്ദമായത് ശരി അർത്ഥമായത് ശരി നമ്മളൊരു ഗുണം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് മനസ്സിൽ നിന്നും പോകും ശബ്ദമെന്ന് പറയുന്നത് ശ്രവണിംഗ് കൊണ്ട് ആഗ്രഹിക്കുന്നു അപ്പൊ ആ ശബ്ദം ഒന്ന് നശിച്ചു ശബ്ദം നിലനിൽക്കുന്നതുകൊണ്ടല്ല കേൾക്കുന്നു അത് സമയാ ഒരാൾ ഉച്ചരിക്കുന്നു മറ്റൊരാൾ കേൾക്കുന്നു അടുത്ത ദിവസം ശബ്ദം നശിച്ചു പിന്നെ ഉച്ചരിക്കുന്നവൻ്റെയോ കേൾക്കുന്നവൻ്റെയോ ഉള്ളിൽ അതിരിക്കുന്നത് സ്മൃതിയായിട്ടാണ് ഓർമ്മയായിട്ട് അത് വ്യക്തമായി ഓർമ്മിച്ചതുവരും ചിലപ്പോൾ മുറിഞ്ഞു പോകുന്ന ഓർമ്മകളാകും ചിലപ്പോൾ വിസ്മരിക്കുന്ന ഓർമ്മയാകും പലതരത്തിൽ സംബന്ധിച്ചു അതുപോലെ തന്നെ അർത്ഥത്തിൻ്റെ കാര്യം ഇപ്പോൾ സ്മൃതി സന്തതി സ്മൃതിപ്രവാഹമില്ലാതെ വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഉറക്കം വലിയ വിഷമങ്ങൾ മറന്നുപോയി എന്നെല്ലാം നമ്മൾ പരാതി പറയുന്നപ്പോഴാണ് അപ്പോൾ ശാസ്ത്രത്തിൽ പറയുന്ന ആ തത്വം അത് അദ്വൈതമായാലും ജ്യേഷ്ഠാദ്വൈതമായാലും ദ്വൈതമായാലും എന്തായാലും ആ ശബ്ദത്തെ അർത്ഥത്തോടുകൂടി സ്മരിക്കാൻ കഴിയും നിരന്തര സ്മരിക്കുകയാണ് ഉപാസനം അതങ്ങനെ നിരന്തരം സ്മരിച്ചുകൊണ്ടിരിക്കുമ്പോ അത് കേവല സ്മൃതി മാത്രമാണ് സ്മരണ മാത്രമാണ് കേവല സ്മൃതി മാത്രമാണെന്ന് പറയുമ്പോൾ എന്താണ് അതിൽ അനുഭവമല്ല അതാണ് കറക്റ്റ് അത് അനുഭവമാകുന്നില്ല ശാസ്ത്രത്തിൽ നിന്ന് ശബ്ദത്തെ കേട്ട് അത് നഷ്ടപ്പെട്ടു അർത്ഥത്തെ ഗ്രഹിക്കാൻ ഗ്രഹിക്കാറില്ല ചിലപ്പോൾ നമ്മൾ അർത്ഥത്തെ ഗ്രഹിക്കുന്നത് മനനത്തിലൂടെയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പം േകുമ്പോൾ നമുക്ക് അർത്ഥം തോന്നത്തില്ല ഇപ്പോൾ ഇത് കൂടുതലും പഴയ രീതി അനുസരിച്ചിട്ടാണ് പഴയകാലത്ത് ശബ്ദം ഗ്രഹിക്കുന്നു അർത്ഥം മനസ്സിലാക്കുന്നു സ്മരിക്കുന്നു ഇതെല്ലാം കേവല വാഗ്മയത്തെ ആശ്രയിച്ചിട്ടാണ് ഇത് കേവല ശബ്ദങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇന്നത്തെ പോലെ അല്ല ഇപ്പൊ ഞാന് പറയുന്നു രാമ പുത്ര ഗച്ഛതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പുത്ര എന്ന് പറയുന്നതിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ പോയി ഡിഷണറി എടുത്ത് വെച്ച് നോക്കാം വായിക്കാം വായിച്ചിട്ട് ആ ഇതാണ് ഇതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാം പഴയകാലത്ത് എഴുത്തെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം വളരെ പരിമിതമാണ് അതുകൊണ്ട് മുഖ്യമായും പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഈ ശബ്ദത്തെ മാത്രം ആശ്രയിച്ചു ഇതിനെല്ലാം സ്മൃതിയിൽ സൂക്ഷിച്ചു വെച്ചു ആ അർത്ഥങ്ങൾ സൂക്ഷിച്ചു വെച്ചു ഇന്നത്തതുപോലെ നമുക്ക് പോയി ഡിക്ഷണറി എടുത്തു വച്ചിട്ട് അതിന്റെ അർത്ഥം നോക്കേണ്ട ആവശ്യമുണ്ട് കാരണം അന്ന് ഡിക്ഷണറിയാണ് ആദ്യം പഠിക്കുന്നത് ആദ്യം മനപ്പാടം ചെയ്യുന്ന ഡിക്ഷണറിയാണ് ആ സഹിതം പിന്നെ അത് പ്രത്യേകിച്ച് ഇന്നത്തെ പോലെ വായിക്കേണ്ട ആവശ്യമേ വരുന്നില്ല രേഖപ്പെടുത്തി വെച്ചൊരു പിൽക്കാലത്തേക്ക് എഴുതിയിട്ടുണ്ട് അപ്പൊ അന്ന് പണ്ഡിതനെന്ന് പറഞ്ഞാൽ എല്ലാം ഓർമ്മയെ ആശ്രയിച്ചാണ് എല്ലാം നടത്തുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ എഴുതിയത് അപ്പോൾ ഒരു കാര്യം കേട്ടും അർത്ഥം മനസ്സിലായില്ല മനനത്തിൽ ചിന്തിച്ച് ഓർമ്മയിൽ നിന്ന് അർത്ഥത്തെ വീണ്ടെടുക്കുകയായിരുന്നു കാരണം ഉള്ളില് ലക്ഷ്മി ഇരിക്കും അപ്പോ ഇത് പൂർണ്ണമായും മാനസികമായൊരു പുറമേയുള്ള റെഫറൻസൊന്നും ഒന്നില്ല തീരെയില്ല എന്നല്ല കൂടുതലും ഇല്ല എല്ലാം മനസ്സിൽ അപ്പോൾ ശ്രവണത്തിൽ നിന്നും അർത്ഥത്തിന് എന്തെങ്കിലും ന്യൂനത സംഭവിച്ചാലും അത് മനതം കൊണ്ട് അതുകൂടെ ശരിയാക്കും അപ്പോൾ ശബ്ദ അർത്ഥം ബന്ധം വളരെ വ്യക്തമാകും അത് കഴിഞ്ഞ് ഉപാസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്മരണയാണ് പൂർണ്ണമായും എന്ന് വെച്ചാൽ അവിടെ അനുഭവം ഇല്ല എന്നർത്ഥം അതുകൊണ്ടാണ് സ്മൃതി സന്തതി എന്ന് ഇങ്ങനെ പറയേണ്ടി ഭാഷ്യത്തിലും വരും പഴയകാലത്ത് പൊതുവെ ഇതിൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അവിടെ അനുഭവം എന്ന് പറയുന്ന ഒരു സംഭവമില്ല അപ്പോ അത് മനസ്സിലെങ്കിലും നിരന്തരം സ്മരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടെ പറയുന്ന ശാസ്ത്രത്തിന്റെ താല്പര്യമായാലും ശരി അടുത്തൊരു സ്റ്റേജാണ് പറയുന്നത് ഇവിടെ പറയുന്നു തത് തന്മൂല സാക്ഷ അതിനാണ് അനുഭവം എന്ന് പറയും അപ്പൊ അതുപോലെ അടുത്തൊരു സ്റ്റെപ്പായിട്ടേ സംഭവിക്കും അപ്പോൾ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അതുകഴിഞ്ഞ് ഏതൊരു ശബ്ദത്തെയാണോ അർത്ഥസഹിതം സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് സ്മരിക്കുന്നതിന് ശബ്ദം വേണോ അർത്ഥവും വേണം അപ്പോൾ ഒരർത്ഥത്തെ ശബ്ദസഹിതം സ്മരിച്ചുകൊണ്ടിരിക്കും അങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നീട് സംഭവിക്കുന്ന ഒരു കാര്യം ആന്തരികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് സാക്ഷാത്കാരം അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ പറയുന്നത് ആത്മതത്വ സാക്ഷത്വ ആത്മാവിനെ കുറിച്ച് ഈ ശാസ്ത്രങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നു അതിനെക്കുറിച്ച് എന്തൊക്കെ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ എന്താ അത് അണുവാണോ അതോ മഹത്താണോ ഇത്തരം സംശയങ്ങൾ വരും ബഹ്മാനത്തിലൂടെ അത് പരിഹരിക്കുന്നു പിന്നെ താൻ എന്തൊക്കെയാണോ ധരിച്ചത് അധരിച്ചതിന് വ്യക്തമായി ധരിച്ച സംശയങ്ങളെല്ലാം മന മനനത്തിൽ പരിഹരിക്കും സങ്കല്പങ്ങളും വികല്പങ്ങളും എല്ലാം മനനത്തിലാണ് സങ്കല്പം എന്ന് വെച്ചാൽ ചിന്തിക്കുക ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് വ്യക്തത ഇല്ല നമ്മൾ ചിന്തിക്കും ഇപ്പം നമ്മൾ ചിന്തിക്കുകയായിരുന്നു സ്മരിക്കുകയല്ല പുതിയ പുതിയ കാര്യം ചിന്തിക്കുമ്പോൾ എന്ന് വരുന്നു പുതിയ പുതിയ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുന്നു സ്മൃതിയുടെ ഒരു ഭാഗമുണ്ട് കൂടുതലും ഇവിടെ നടക്കുന്ന ചിന്തയാണ് അതുകൊണ്ടാണ് പുതിയ ആശയങ്ങൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുതിയ ആശയം വരുന്നത് അവിടെ കൂടുതൽ ചിന്ത നടക്കുന്നത് കേവല സ്മരണയാണ് അങ്ങനെ ആശയവ്യക്തത വരുന്നു അപ്പത്തന്നെ പല സംശയങ്ങളും ചിന്ത കൊണ്ട് തന്നെ ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കും ഇതൊക്കെ മരണത്തിൽ സംഭവിക്കുന്നു അതുകഴിഞ്ഞ് ഇവിടെ പറയുന്ന ഉപാസന ധ്യാനം നിര്യത്യാസം എന്നെല്ലാം പറയുന്നത് കേവലം സ്മൃതി സന്താനം അവിടെ ചിന്തയില്ല സംശയമില്ല എന്താണോ ധരിച്ചത് അതിനെ നിരന്തരം സ്മരിക്കുക അവിടെ ഇടയ്ക്ക് എന്തെങ്കിലും ചിന്ത വരികയോ എന്തെങ്കിലും വികല്പങ്ങൾ സംശയങ്ങൾ വരികയോ ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ ധ്യാനമല്ല പിന്നെ ചിന്തയായി മനനമായി അതുകൊണ്ടാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ പല ചിന്തകളും കിടന്നു അത് ധ്യാനമല്ലാതായി ധനം നിറഞ്ഞ സ്മൃതി മാത്രമേ പാടുള്ളൂ മറ്റ് ചിന്തകൾ അവിടെ കടന്നു വരാൻ പാടില്ല ഭാവനകൾ കടന്നു വരാൻ പാടില്ല ഭാവന എന്ന് പറയുന്നത് എന്താണോ നമുക്ക് എപ്പോഴും പുതുതായി സൃഷ്ടിക്കാൻ പറ്റിയ കാര്യങ്ങൾ നമ്മുടെ ഉടനെ ധരിച്ചിരിക്കുന്ന പുതിയ കാര്യങ്ങൾ ഭാവന ഇമാജിനേഷനും അതൊന്നും ഈ പറയുന്ന ഉപാസന വരാൻ പാടില്ല അതുകൊണ്ടാണ് കൃത്യമായി അങ്ങനെ പറയുന്നത് അത് സ്മൃതിസന്ധതിയാണ് എന്നാലേ അത് ധ്യാനമാവും അല്ലെങ്കിൽ ഉപാസനവും ഇനി മലനം അതിനെ ധ്യാനമെന്ന് പറയും അത് ഏകാഗ്രമായി അങ്ങനെ ചിന്തിക്കുന്നുകൊണ്ട് അതിനെ ധ്യാനമെന്ന് പറയും അങ്ങനെ പറയുന്നത് ഭാഷാപരമായി ശരിയാണ് സാങ്കേതികമായി ശരിയില്ല സാങ്കേതികമായി ശരിയാവണമെങ്കിൽ എന്ത് വേണം അത് സ്മൃതിസന്ധതി എന്നായിരുന്നു അതിനെ തുടർന്ന് സംഭവിക്കുന്ന ഇവിടെ പറയുന്ന തത്വസാക്ഷാത്കാരം ഇപ്പൊ ആത്മാവിനെ കുറിച്ചാണെങ്കിൽ ആത്മാവിനെങ്ങനെയാണോ ശാസ്ത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയത് അതിനെക്കുറിച്ചൊരാൾ അവിടെ വികൽപ്പങ്ങൾ കടന്നുവരാ നിജ സംശയങ്ങൾ കടന്നുവരാ സങ്കല്പങ്ങൾ കിടന്നുവരാം ചിന്തകളും ഭാവനകളും കടന്നുവരാ പിന്നെ അവിടെ ഒരു കാലം ഒന്ന് മാത്രമേ പാടുള്ളൂ എന്താണോ സ്മൃതി മാത്രം സ്മരണ മാത്രം താൻ നിശ്ചയിച്ചതായി അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് അതിനെ തുടർന്ന് സംഭവിക്കും എന്ന് ഇവിടെ ശാസ്ത്രം പറയുന്ന ഒരു കാര്യമാണ് സാക്ഷാത്കാരം അതുകൊണ്ടാണ് സമാധി സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്ന അതാണ് സമാധി എന്ന് പറയുന്ന ഒരു അഭ്യാസമാണെങ്കിൽ അത് സ്മൃതിയാണം സമാധി എന്ന് പറയുന്ന ഒരു ഫലമാണെങ്കിൽ അത് സാക്ഷാത്കാരം രണ്ടീ സമാധി സംഭവിക്കുന്നവര് അതുതന്നെയാണ് അവര് എല്ലാവരും വ്യാഖ്യാനിക്കുന്ന അങ്ങനെ അതാണ് അടുത്തു പറഞ്ഞത് തഥ തന്മൂലം എന്ന് വെച്ചാൽ ഈ സ്മൃതി സന്തതിയുടെ ഫലമായി സ്മരണയുടെ ഫലമായി ഉണ്ടാകുന്ന സാക്ഷാത്കാരം എന്ന് വെച്ചാൽ അവർ പ്രത്യക്ഷമായ അനുഭവമാണ് ഇങ്ങനെ ജ്ഞാനത്തിന് മൂന്ന് ഭാഗങ്ങളുണ്ട് ഒന്ന് ആദ്യമുണ്ടാകുന്ന തത്വജ്ഞാനം പിന്നീട് അതുകഴിഞ്ഞ് വരുന്ന സ്മരണ അനുജ്ഞാനമാണ് മൂന്നാമത് വരുന്ന ചുരുക്കി പറയുകയുള്ളൂ വരുന്ന സാക്ഷത്കാരം അതിന് പലയിടത്തും ശ്രോണവും മനനവും ചേർത്ത് തത്വജ്ഞാനം എന്ന് പറയും ശാസ്ത്രത്വജ്ഞാനം പറയും നിത്യാസനം അല്ലെങ്കിൽ സ്മൃതി സംസതി എന്ന് പറയുന്നതിന് മാറ്റമൊന്നുമില്ല എല്ലാവരും ഇത് തന്നെ പറയും പിന്നെ സാക്ഷാത്കാർ എന്താണ് ഇതിലിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അതുകൊണ്ടാണ് അത് വിശദീകരിച്ചത് ഈ മൂന്ന് കാര്യങ്ങൾ അമ്പത്തി മൂന്ന് ഈ കാര്യമാണ് പറയുന്നതെന്നാണ് രാമാനുചാചരുടെ അഭിപ്രായം അപ്പോൾ ഈ ധ്യാനമൊക്കെ ചെയ്യുന്നവരത് കൃത്യമായും മനസ്സിലാക്കി കണ്ണടച്ചെന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ധ്യാനമാകത്ത കൃത്യമായും അത് സ്മൃതിസന്ധതി തന്നെയായിരിക്കും സാധാരണ ആൾക്കാർക്ക് ധ്യാനിക്കുമ്പോഴത്താണ് സംഭവിക്കുന്നത് അവരിൽ സംഭവിക്കുന്നത് മനനമാണ് ചിന്തയാണ് സംഭവിക്കുന്നത് ധെയ് ചിന്തായകാഗ്രമായ മനനം എന്ന് പറയാതും ഒരു തരത്തിൽ ധ്യാനമാണ് പക്ഷെ ഇവിടെ പറയുന്നത് സ്മൃതിസന്ധതിയല്ല സാക്ഷാത്കാരത്തിന് കാരണമായ സ്മൃതിസന്ധതി അങ്ങനെ നമ്മൾ ഏകാഗ്രമായി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അവിടെ സാക്ഷാത്കാരം ഉണ്ടാകത്തില്ല ഇവിടെ പറയുന്നതല്ല ഇവിടെ പറയുന്ന വിശദീകരണം അനുസരിച്ച് എന്തുകൊണ്ട് അവിടെ സങ്കല്പവികല്പങ്ങളൊക്കെ വരും വരുമ്പോ സ്മൃതി സന്തതിക്ക് ഭംഗം വരും മുറിഞ്ഞു പോകും വന തുറന്ന് അങ്ങനെ സംഭവിക്കും എന്ന് ശാസ്ത്രങ്ങളെ പറയുകയാണ് അത് സംഭവിക്കത്തില്ല അതുകൊണ്ട് ധ്യാനിച്ചിട്ട് ഒന്നും സംഭവിക്കുന്നല്ല എന്ന് പരാതിപ്പെടുന്ന പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അപ്പം അത് സ്മൃതിസന്ധതയല്ല കേവലം ചിന്തയാണ് അതുകൊണ്ടാണ് ഒന്ന് സംഭവിക്കുന്നത് ഇതൊക്കെ ശാസ്ത്രത്തിൽ എൻ്റെ വിശദീകരണങ്ങളാണ് അത് സാധ്യമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ എനിക്കൊരു പ്യാഗം നീ തരാൻ പറ്റില്ല ഇങ്ങനെയാണ് ശാസ്ത്രത്തിൽ പറയുന്നതെന്നേ പറയാൻ പറ്റും ഇങ്ങനെയാണ് ഇതിനെ പ്രതിപാദിക്കുന്നത് ഇങ്ങനെയാണ് പിന്നെ അത് സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ സ്വീകരിച്ചു നോക്കുക എന്നല്ല വേറെന്ന് പറയാനോ ഇക്കാര്യത്തിൽ അത് കൂടുതൽ അഭിപ്രായം പറയാൻ പറ്റില്ല ഇങ്ങനെയാണ് ശാസ്ത്രജ്ഞ പറയുന്നത് അത്രയോ പറയാം അല്ല ഇനിയിപ്പൊ ഞാൻ പറയണല്ലേ ഇത് സാധിക്കും ഞാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ദോഷം എനിക്ക് വേണമെങ്കിൽ പറയാം ഇത് സാധിക്കും എന്തുകൊണ്ട് ഞാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം ഇവനെ കേൾക്കുന്നതുകൊണ്ട് വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കും നമസ്കാരം എനിക്ക് ക്ലെയിം ചെയ്യാം എന്താണോ ശ്രമത്തിൽ നിന്ന് തത്വജ്ഞാനം ഉണ്ടായി അത് കഴിഞ്ഞ് പിന്നീട് സ്മൃതിസന്തതി ആകുന്ന ഉപാസന ഉണ്ടായി അത് എനിക്ക് സാക്ഷാത്കാരം ഉണ്ടായി എന്നുള്ളൊരു ക്ലെയിം എനിക്കും പറയാം ആരും എന്റെ കഴുത്തിനൊന്നും പഠിക്കത്തില്ല പക്ഷേ നിങ്ങളതെങ്ങനെ സ്വീകരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചിട്ടാണ് അതൊരു വിശ്വാസത്തിന്റെ വിഷയമാണ് അത്ര അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് പറയാൻ ഒരാളും പഠിക്കേണ്ട കാര്യമില്ല വളരെ കോൺഫിഡൻസോടുകൂടിയൊക്കെ പറയാം കേൾക്കുന്നവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ സ്വീകരിക്കാം ഇത്രയുള്ളത് യോഗത്തിൽ പറയുന്നതും ആത്യന്തികമായിട്ട് ഇത് തന്നെ ഈ പറയുന്നത് തന്നെയാണ് പറയുന്നത് സാക്ഷാത്കാരം എന്ന് പറയുന്ന ഇത് തന്നെയാണ് പ്രയോഗം കാരണം അവിടെ എന്താ പറയുന്നത് ശ്രവണം മനനം നിധ്യാസനം സാക്ഷാത്കാരം യോഗത്തിൽ നിന്ന് തന്നെ ഇത് വരുന്നു പക്ഷേ ഈ സ്മൃതി സന്തതി എന്ന് പറയുന്ന ഈ ഒരു പ്രയോഗം ഭക്ഷ്യകാരനും പ്രയോഗിച്ചിട്ടുണ്ട് ഇവിടെ രാമാനുജാചാര്യനും പ്രയോഗിച്ചിട്ടുണ്ട് അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് മണ്ണനത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുകൊണ്ടാണോ ശാസ്ത്രശ്രവണത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ അതിനെ തുടർന്ന് വരുന്ന ഈ ഉപാസനയെ മറ്റുള്ളവരിൽ നിന്ന് ഉയർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യുവാസനയെ തന്നെയാണ് രാമാനുചാരിത് ഭക്തി എന്ന് പറയുന്നത് ഇതിനകത്ത് യുവാസനയെ തന്നെ ഭക്തി എന്ന് പറയുന്നത് ആ ഭക്തി എന്ന് പറയുന്നത് വൈദികമായ ഉപാസനകൾ നമ്മളെ നിർദ്ദേശിക്കുന്ന ഉപാസന വേദത്തിൽ കുറെ ഉപാസനകൾ പറഞ്ഞിട്ടുണ്ട് അതിനാണ് ഭക്തി എന്ന് പറയുന്നത് ആ ഉപാസന കൂടിയ രീതിയിൽ അമ്മയതിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് അന്നുമ്പോ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാം മറന്നുപോയി കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മോക്ഷം മരണശേഷം ഇത്തരം ഉപാസന മാത്രമേ ഉപാസനയുടെ ഫലമായി ഉത്തരായണ മാർഗത്തിലൂടെ വൈകുണ്ടത്തിലെത്തിച്ചേരും ഉപാസനയിലൂടെ ആ വഴിക്കൊക്കെ സഞ്ചരിച്ച് അവിടെ എത്തിച്ചേരണമെങ്കിൽ ആ പ്രത്യേക ഉപാസന ആവശ്യമാണ് അതിന് സ്ത്രീക്കും ശൂത്രമില്ല എന്നും രാമാനുചാചാര്യട് തീർത്തും പറയുന്നുണ്ട് എന്തുകൊണ്ട് ശ്രീകൃഷുദ്രനും അധികാരമില്ല എന്ന് പറഞ്ഞു അവർ വേദാധികാരമില്ലെന്ന് പറഞ്ഞു വൈദിക ഉപാസന വേദാധികാരമില്ല ശരീരം കന്നുമ്പോൾ ചർച്ച ചെയ്താണ് അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് വേറെ സാധനം പറഞ്ഞെന്താണോ പ്രപത്തി വിശദീകരിച്ചാണ് പറയും ഉപാസനയ്ക്ക് ശേഷം ഉപാസകൻ അന്ധകാലേത് കളയബരം അത് പറയുന്നു ഇത് ഇവിടെ ഇപ്പൊ പറയുന്നത് ആത്മതത്വത്തിന്റെ സാക്ഷാത്കാർ ഇവിടെ ഇപ്പൊ പറയുന്നത് ശരിക്കുള്ള സാക്ഷാത്കാരം അവിടെ പോയി നേരിട്ട് കാണുകയാണ് കൈകൊണ്ടത്തിൽ ചെന്നിട്ട് അവിടെ പട്ടിലിരിക്കുന്ന ദൈവത്തെ നേരിട്ട് കാണുന്നതാണ് ആ സാക്ഷാത്കാരം നേരം ഇതിപ്പോൾ ആത്മതത്വ സാക്ഷാത്കാരത്തെക്കുറിച്ച് പറയും ർമാനുഷ്ഠാന കർമ്മയോഗ്യം സ്ഥിതപ്രജ്ഞ യോഗ സാധനഭൂത്തായ സ്വരൂപം സ്ഥിതപ്രജ്ഞനുഷ്ഠാനപ്രകാരം ചെച്ചി ഇതെല്ലാം പാർത്ഥനോട് പറഞ്ഞു പാർത്ഥ എന്ന് വെച്ചാൽ ഇതെല്ലാം കേട്ടുകഴിഞ്ഞ പാർത്ഥൻ അസംഘകർമാനുഷ്ഠാനരൂപകർമ്മയോഗ സാധ്യ സ്ഥിതപ്രജ്ഞതായ യോഗ സാധനം കൂടിയ അധ്യാത സ്വരൂപം ഇത് സ്ഥിതപ്രജ്ഞതയുടെ സ്വരൂപം അതെന്താണ് അതാണ് അസംഘകർമ്മയോഗ അനുഷ്ഠാനങ്ങൾ അത് നേരത്തെ പറഞ്ഞല്ലോ ശാസ്ത്രജന്യ ആത്മജ്ഞാനപൂർവ്വ കർമ്മയോഗം അതിനാണ് പറയുന്നത് ശാസ്ത്രജന്യമായ ആത്മജ്ഞാനം ആത്മജ്ഞാനപൂർവകമായ കർമാനുഷ്ഠാനം രൂപകർമ്മയോഗം അതാണ് കർമ്മയോഗം ആത്മജ്ഞാനത്തോടുകൂടി ഈശ്വരന് കർമ്മങ്ങളെ സമർപ്പിക്കുക കർമ്മയോഗം അതുകൊണ്ട് സാധിക്കുന്നതാണെന്ത് സ്ഥിതപ്രജ്ഞത എന്ന് ഈ സ്ഥിതപ്രജ്ഞത അതിനു വേണ്ടിയിട്ട് യോഗ സാധനഭൂതായ അത് സാക്ഷാത്കാരത്തിന്റെ സാധനമാണ് അങ്ങനെ തന്നെയാണ് ഇനി വിശദീകരിക്കുന്നത് അതിന്റെ സ്വരൂപം അപ്പോ സാക്ഷാത്കാരത്തിന് സാധ്യതമായിരിക്കുന്ന സ്ഥിതപ്രജ്ഞതയുടെ സ്വരൂപം എന്താണ് അതിൽ എന്താണ് സുപ്രകാരം പിന്നെ സ്ഥിതപ്രജ്ഞസ് അനുഷ്ഠാനപ്രകാരം സ്ഥിതപ്രജ്ഞന്റെ അനുഷ്ഠാനത്തിന്റെ വിശേഷതകൾ എന്തൊക്കെയാണ് അനുഷ്ഠാനപ്രകാരം അത് ഇപ്പൊ എന്തൊക്കെയാണ് അല്ല ചോദിക്കുന്നത് അപ്പൊ ഇവിടെ ഈ ഉറ്റ സെന്റൻസിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് യോഗം എന്ന് പറഞ്ഞാൽ സാക്ഷാത്കാരമാണ് അതിന്റെ ഉപായം എന്ന് പറയുന്നത് അനുശ്ചിതപ്രജ്ഞകൾ അതിൽ പല അനുഷ്ഠാനങ്ങളും അപ്പോ അതൊക്കെയാണ് ഇതുവരെ അർജുനൻ കേട്ടതിൽ നിന്ന് മനസ്സിലാക്കി ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ചോദിക്കുന്നു ഭഗവാനോ അർജുനോ വായിച്ച അർജുനൻ ചോദിച്ചു സ്ഥിതപ്രജ്ഞാഷ സമാധിസ്ഥിതീരി പ്രഭാഷയില സമാധിസ്ഥിതപ്രജ്ഞസ് ക ഭാഷ കോചകസ് തവരൂപം കീദശം അർത്ഥ സ്ഥിതപ്രജ്ഞാഷണം കരോ ഇവിടെ ആദ്യം തന്നെ വരുകയാണ് സ്ഥിതപ്രജ്ഞ കഷ പിന്നെ അവസാനം പറയുന്നു കിം പ്രഭാഷിത രണ്ടിടത്തും ഭാഷ ഭാഷ ഭാഷ വ്യക്തമായ അമ്മാജി എന്ന് പറയുന്നത് സാധുവാണെന്ന് പ്രയോഗിച്ചത് രണ്ടിടത്തും സംഭാഷണം ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം ആദ്യം ഭാഷ എന്ന് പറഞ്ഞാൽ സംഭാഷണം ചെയ്യുക രണ്ടാമത് കിം പ്രഭാഷകത എന്ത് സംഭാഷണം ചെയ്യുക രണ്ടു ആദ്യത്തെ സംഭാഷണം രണ്ടാമത്തെ സംഭാഷണമുണ്ട് ഇത് ശങ്കരാചാര്യ വ്യാഖ്യാനിച്ച എന്താണ് കാ ഭാഷ എന്ന് വെച്ചാൽ സ്ഥിതപ്രജൻ എങ്ങനെയാണ് മറ്റുള്ളവരോട് വർത്തമാനം പറയും പിന്നെ കിം പ്രഭാഷയെന്ന് വെച്ചാൽ സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണ് തന്നോട് വർത്തമാനം പറയും ഇതാണ് ശങ്കരാചാര്യ വ്യാഖ്യാനിച്ചത് ഒരാൾ മറ്റുള്ളവരോട് വർത്തമാനം പറയുന്നത് എന്തെന്ന് കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഒരാൾ തന്നോട് വർത്തമാനം പറയുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചിലപ്പോ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ സഞ്ചരിക്കുമ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ഒക്കെ ചിലപ്പോ ചിന്തിച്ച് ചിന്തിച്ച് ശബ്ദരൂപത്തിൽ അപ്പൊ തനിയെ പുറത്തു വരും ആൾക്കാർ ചോദിക്കുന്നത് എന്താ വെറുതെയാണെന്ന് വർത്തമാനം പറയും ചോദിക്കാറു പോകും അത് മോഡേൺ സൈക്കോളജി പറയുന്ന നമ്മുടെ സ്ട്രെസ് റിലീസാകാൻ വേണ്ടിയിട്ട് ബ്രെയിൻ ചെയ്യുന്ന ഒരു പരിപാടി എന്നാണ് അതെന്തോ ആയിക്കൊള്ളട്ടെ തന്നോട് സംസാരിക്കാമെന്ന് ഞാൻ എന്താ പ്രത്യേകിച്ച് അർത്ഥം ആനന്ദെങ്കിലും അർത്ഥം അത് തന്നെ അപ്പൊ സ്ഥിതപ്രജ്ഞലിങ്ങനെ ആരെയും കിട്ടിയില്ലെങ്കിൽ തനിയും വർദ്ധനം പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണോ ശിഷ്യന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ അവരോട് സംസാരിക്കും ആരും ഇല്ലെങ്കിൽ തനിയെ വർത്തമാനം പറഞ്ഞു ഈ തനിയെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാണ് ആൾക്കാർ പലതും സംശയിക്കുന്നു അപ്പൊ സ്ഥിതപ്രജ്ഞനെ കുറിച്ച് സംശയങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത അപ്പൊ ശങ്കരാചാര്യ വ്യാഖ്യാനം വായിച്ചു കഴിഞ്ഞപ്പോ രാമാനുചാര്യർക്ക് ഈ സംശയങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ പറഞ്ഞു ആ ഭാഷ എന്ന് വെച്ചാൽ അന്യനോട് സംസാരിക്കുക കിം പ്രഭാഷണ സ്വയം സംസാരിക്കാം അങ്ങനെ ഒരു രണ്ട് സംഭാഷണമില്ല ചിലപ്പോ നമ്മളറിയാതെ ചിന്ത വാക്കായി മാറാറുണ്ട് അത് ശരി അതിന് അത്ര വലിയ പ്രാധാന്യമില്ല ഇന്നത്തെ സൈക്കോളജിയിലൊക്കെ പ്രാധാന്യം വരുമായിരിക്കാം പണ്ടതിലൊന്നും ഒരു പ്രാധാന്യമില്ല നമ്മളെപ്പോഴും സംഭാഷണം നടത്തുന്നത് മറ്റൊരാളൂടെ ഉണ്ടെങ്കിലേ ഉള്ളൂ ഇതിൽ ഈ സംഭാഷണം നടത്തേണ്ട ആവശ്യം നമ്മൾ വെറുതെ ആശയം വിനിമയം ചെയ്യുന്നത് മറ്റൊരാളോട് ആകുമ്പോഴാണ് സംഭാഷണം വരുന്നത് അഭിനന്ദനം സംഭാഷണം അതുകൊണ്ട് ശങ്കരായ എഴുതി വെച്ച ഒരു അബദ്ധമാണെന്ന് രാമാനുചാരിക്ക് മനസ്സിലാക്കി അവിടെ രാമാനുചാരി കുറച്ചുകൂടെ സൂക്ഷ്മ ബുദ്ധിയോടുകൂടി മനസ്സിലാക്കി സ്ഥിതപ്രസ്യ ഭാഷ ആദ്യത്തെ ചോദ്യമാണ് എന്താണ് ഭാഷ ഭാഷയുടെ അനയായി ഭാഷ ഭാഷയ്ക്ക് പല അർത്ഥവും ഉണ്ട് അവന്റെ ഒരു ഭാഷയും നടത്തും കണ്ടു കഴിഞ്ഞാൽ എന്നൊക്കെ പറയുമ്പോ മൊത്തത്തിലുള്ള അവന്റെ രീതിയെ കുറിച്ചാണ് പറയുന്നത് അതാണ് ഇവിടെ തസ്യ സ്വരൂപം കീതിച്ച് എന്താണ് അവന്റെ സ്വരൂപം എന്ന് വെച്ചാൽ അവരുടെ ലക്ഷണം എന്താണെന്ന ആദ്യത്തെ ഭാഷ ശങ്കരാചു ഇവിടെ അടക്കം പറ്റും എന്നുള്ളത് രാമാനുചാചാര്യന്റെ മാത്രം അഭിപ്രായം ഇല്ല മഹോത്സവ സരസ്വതി അത് മനസ്സിലാക്കി തന്നെയാണ് ഭാഷ എന്താണ് ലക്ഷണം എന്നാണ് അർത്ഥം പറഞ്ഞത് രാമാനുചാചാര്യം അത് മനസ്സിലാക്കി രണ്ടിടത്തും സംഭാഷണം നടത്തുക ഒന്ന് തന്നോട് സംഭാഷണം നടത്തുക മറ്റൊന്ന് മറ്റുള്ളവരോട് സംഭാഷണം നടത്തുക എന്നൊക്കെ പറയുന്നത് സൂക്ഷ്മത ഇല്ലായാലും ശ്രദ്ധ കുറവാ വ്യാഖ്യാനിച്ചപ്പോ ശ്രദ്ധയെങ്കിലും മാറി അതുകൊണ്ടാണ് രാമാനുജാൻ അതിനെ കറക്റ്റ് ചെയ്തത് അതല്ല ഭാഷാന്ന് വെച്ചാൽ എന്താണ് അനുസ്വരൂപം പിന്നീട് എന്താണ് മൂന്ന് കാര്യങ്ങൾ പറയും എന്താണ് സംസാരിക്കുന്നത് എന്താണ് ആ സീത ആസിത എന്ന് പറയുന്നത് സാറിനെ ഇരിക്കുക എന്നൊന്നാണ് ആ സുഖവേശന് അപ്പോൾ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ പറഞ്ഞു എങ്ങനെ ഇരിക്കും പത്മാസനത്തിലാണോ മറ്റേതെങ്കിലും ആ അങ്ങനെയല്ല ആ സീത എന്ന് പറഞ്ഞാൽ രാമായണരാജ്ഞാൻ പറയുന്നു എങ്ങനെയാണ് ധ്യാനിക്കുന്നത് മാനസികമായ പ്രവൃത്തി എങ്ങനെയാണ് അങ്ങനെ ഒരു അർത്ഥം എടുക്കാം എന്നാണ് പിന്നെ പ്രചയത പ്രവൃത്തികൾ എങ്ങനെയാണ് അതാണ് വ്യാഖ്യാനത്തിൽ പറയുക കിം പ്രഭാഷയത വാചിക്കുകയും എങ്ങനെയാണ് വർത്തമാനം പറയുന്നത് സംഭാഷണം എങ്ങനെയാണ് കിം വിജയത കായിക ശാരീരികമായ പ്രവൃത്തികൾ എങ്ങനെയാണ് അയാൾ എന്തായിരിക്കും പ്രവൃത്തി മാസയിലും മാനസം മാനസികമായി മനസ്സെങ്ങനെ വ്യാപരിക്കുന്നു എന്തുകൊണ്ട് ധ്യാനം കിട്ടുക അത്ര ആസനം സ്ഥിരമാണ് ആസനമെന്ന് പറഞ്ഞാൽ ധ്യാനം എന്നുള്ളതാണ് എന്ന് വെച്ചാൽ അവിടെ അപ്പോൾ എന്താണ് കർണത്രയാനുഷ്ഠാനം രാമാനുജാത കുറച്ചുകൂടി അതിന്റെ ആന്തരികമായ അർത്ഥത്തിലേക്ക് കുറച്ചുകൂടി സൂക്ഷ്മമായി ചിന്തിച്ചു ഇത് മനസ്സിലാക്കി തന്നെയാണ് പിന്നീട് മസൂനും സരസ്വതിയും മറ്റും വ്യാഖ്യാനിച്ചത് അല്ലാതെ ആ ഭാഷ എന്ന് വെച്ച സംസാരിക്കുക പ്രഭാഷയെന്ന് പറഞ്ഞാൽ സംസാരിക്കുക ഒന്ന് തന്നോട് സംസാരിക്കുക ഒന്ന് മറ്റുള്ളവരോട് സംസാരിക്കുക ഇത് ഒരർത്ഥമില്ലാത്ത വ്യാഖ്യാനം പ്രയോജനമില്ലാത്ത ഒരു വ്യാഖ്യാനം അതുകൊണ്ട് രാമാനുചാചാര്യർ അത് മനസ്സിലാക്കി തന്നെ കറക്റ്റ് ചെയ്ത വ്യാഖ്യാനം അപ്പോ വ്യാഖ്യാനത്തിൽ കൂടുതൽ സൂക്ഷ്മതയും കൃത്യതയും വലർത്തുന്ന ഇവിടെ രാമാനുചാചാര്യാണ് ശങ്കരാചാര്യല്ല ശങ്കരഭക്തന്മാർക്കും നിരാസരങ്ങളും ഇവിടെ ഇങ്ങനെ അനേണ്ടിയിരിക്കുന്നത് പിന്നെ ഇവിടെ സമാധിസ്ഥിതപ്രജ്ഞസ് ഈ സമാധിസ്ഥി സമാധി എന്ന് പറയുന്നതിന് നേരത്തെ രാമാനുരാജ് മനസ് അവിടെ വ്യക്തി പറയുന്നു സമാധിരത്ര അപ്പൂർ നിരുത്ത പ്രകാരം മനഃ സമാധി ശബ്ദത്തിന്റെ നിരുക്തി പറഞ്ഞു അതനുസരിച്ച് സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് തന്നെയാണ് സമാധിയുടെ ഹസ്ബൻഡ് ആത്മജ്ഞാനം എവിടെയാണോ ആത്മജ്ഞാനം ഉണ്ടാകും മനസ്സിലാണല്ലോ ആത്മാവിനല്ലോ അപ്പോ സമാധി എന്ന് പറഞ്ഞാൽ രാമാനുചാര്യത്തിൽ മനസ് സമാധിസ്ഥൻ സമാധി സമാധി അധികാരി ഇരിക്കുക മനസ്സിലിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അതിന് അവിടെ വേഗാനിക്കുന്നു തത്ര സ്ഥിതി തത് അശീകാരേണ അവസ്ഥ സതപ്രജ്ഞൻ മനസ്സിനെ സ്വാധീനമാക്കി സ്ഥിതി ചെയ്യുന്നു മനസ്സ് തന്റെ നിയന്ത്രണത്തിലായി മനസ്സ് നിയന്ത്രണത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഒന്ന് ചിന്തിക്കുന്നില്ല കുഴപ്പം പിടിച്ച് ചിന്തകളും അതാണ് സമാധിസ്ഥൻ എന്ന് പറയുന്നത് അത് വളരെ ലളിതമായൊരാശയമാണ് ശങ്കര എന്ന് പറയുന്നത് സമാധിസ്ഥൻ സമാധി എന്ന് വെച്ച് ആത്മാവ് സമാധിസ്ഥൻ എന്ന് വെച്ച് ആത്മബോധത്തോടുകൂടി അതും ലളിതമായൊരു വ്യാഖ്യാനം എന്ന് വെച്ചാൽ അവിടെ യോഗ സമാധിയിലേക്ക് രണ്ടുപേരും പോകും കാരണം സ്ഥിതപ്രജ്ഞന്റെ സ്ഥിതപ്രജ്ഞ എങ്ങനെയാണ് സംഭാഷണം നടത്തുന്നത് സിപ്രജ്ഞ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് സിഹപ്രജ്ഞന്റെ മനസ്സിൽ എന്തൊക്കെയാണ് യോഗ ചോദിക്കുമ്പോൾ അത് സമാധിയിലിരിക്കുന്ന സിപ്രജ്ഞനെന്ന് പറഞ്ഞാൽ സമ്പ്രജ്ഞാത സമാധിയിലിരിക്കുന്ന സ്ഥിരപ്പറഞ്ഞൊന്ന് വ്യാഖ്യാനിക്കാൻ പറ്റും പറ്റത്തില്ല കാരണം അങ്ങനെ ഒരു സമാധിയിരുന്ന പിന്നെ ഇവിടെ പറയുന്ന കർണത്രയാനുഷ്ഠാനം അത് സാധിക്കില്ല എല്ലാ കർണങ്ങളിലൂടെയും പ്രവർത്തിക്കുക കർണത്രയോ എന്ന് പറഞ്ഞാൽ ശരീരം വാക്കും മനസ്സ് അപ്പൊ സമാധിസ്ഥൻ എന്ന് പറയുന്നതിന് സമാധിയിലിരിക്കുന്നവനെന്നൊരു അർത്ഥം പറയാൻ പറ്റില്ല യോഗസമാധി അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന ചോദ്യങ്ങളെല്ലാം അർത്ഥശൂന്യമാണ് അത് കണ്ടുകൊണ്ടാണ് ഇവിടെ രണ്ടാചാര്യന്മാര് സമാധിക്ക് അസംപ്രജ്ഞാത സമാധി അല്ലെങ്കിൽ നിറവികൽപ്പ സമാധി എന്നൊന്നും അർത്ഥം പറയാത്ത ബാക്കി വരുന്ന ചോദ്യങ്ങൾ ശരിയാകാം സമാധിയിൽ നിന്നും നടക്കത്തില്ല എന്ന് എല്ലാവർക്കും അത് ഇപ്പൊ തത്വവിജ്ഞാനി നടത്തുകഴിഞ്ഞാൽ കുഴപ്പമൊന്നും പക്ഷെ ഇതിന് മസൂലു സരസ്വതി അതിനൊരു വിദ്യയുണ്ട് കാരണം സമാധിസ്ഥ എന്ന് പറഞ്ഞതുകൊണ്ട് സമാധീലിരിക്കുന്നവനെന്ന് തന്നെ അർത്ഥം നമ്മളെ സമാധീനയിരിക്കുന്നവൻ്റെ ആ ഭാഷ എന്താണ് ലക്ഷണം എന്ന് തന്നെയാണ് എന്റെ അർത്ഥം പിന്നെ ബാക്കി പറയുന്നതും അങ്ങനെയെങ്കിലും ഈ ചോദ്യങ്ങളൊക്കെ എങ്ങനെ അവർ സമാധിയിരിക്കുന്നു അവരെങ്ങനെ സംസാരിക്കുന്നു അത് സംഭാഷണം ഇല്ലല്ലോ അതായത് സമാധിയിൽ നിന്നും ഉണർന്നവരെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് അത് ശ്ലോകത്തിലില്ലെങ്കിലും അങ്ങനോട് ഒരർത്ഥം എടുത്തോണോ എന്നാണ് മനസ്സൂല സെൽസസ് പറയുന്നത് അത് ഭാഷകാരൻ പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് ഭാഷകാരൻ പറയാത്ത ഒരാശയമാണ് ഭാഷകാരൻ പറഞ്ഞൊരു വിരുദ്ധം തന്നെ ഭാഷകാരൻ പറയുന്ന തത്വജ്ഞാനി സമാധിയിരിക്കുന്ന ആളല്ല അയാൾ സംഭാഷണം നടത്തും അയാൾ ഇരിക്കുകയോ കിടക്കുകയോ എന്ത് വേണോ ചെയ്യാം അപ്പൊ തത്വജ്ഞാനിയുടെ അവസ്ഥയെക്കുറിച്ചാണ് ചോദിക്കുന്നത് പക്ഷെ മോസന സരസ്വതിക്ക് അത് പോരാ ശങ്കരാചാര്യരുടെ ഭക്തനാണ് പരമ്പരപ്പെട്ടയാളാണ് പക്ഷേ ശങ്കരാചാരുടെ വ്യാഖ്യാനത്തെ സ്വീകരിക്കുന്നില്ല ഇപ്പൊ സമാധിസ്ഥലം എന്ന് വെച്ചാൽ ശരിക്കും നൃവികൽപ്പ സമാധിയിലിരിക്കുന്നവൻ പിന്നെ അതിൽ നിന്ന് ഉണർന്നു വന്നവൻ എങ്ങനെ വർത്തമാനം പറയും അതാണ് ചോദിക്കുന്നത് ഇത്തരത്തിൽ വ്യാഖ്യാന ഈ അദ്വൈതം എന്ന് പറയുന്നത് ശാസ്ത്രം വലിയ ശാസ്ത്രം എന്ന് വെച്ചാൽ സൂത്രം ഭാഷ്യം വ്യാഖ്യാനം ടീവ ടിപ്പണി പിന്നെ സ്വതന്ത്രകൃതികൾ അങ്ങനെ അതിവിപുലമായിരിക്കുന്ന ശാസ്ത്രം അത് ചെറുതൊന്നുമില്ല ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട് അപ്പോ ഇതിൽ നമ്മൾ കുറച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മനസ്സിലാകും ഒരു കാര്യമാണ് ഇതിലെ ഈ ആചാര്യന്മാർ തന്നെ ഈ ആന്തരികമായ ഒരു പൊരുത്ത പൊരുത്തക്കേടുകളുണ്ട് ഒരുപാട് കാര്യമായ പൊരുത്തക്കേടുകളാണ് അപ്പോൾ ഒരു ശാസ്ത്രം അതിന്റെ ആശയം എന്നുള്ള തത്വചിന്ത എന്ന് പറയുന്ന അനുസരിച്ച് മറ്റുള്ളവരുമായിട്ട് പൊരുത്തക്കേടുണ്ടാവും അദ്വൈതവും ഇഷ്ടാദ്വൈതവുമായിട്ട് പൊരുത്തക്കേടുണ്ടാവും കുഴപ്പമൊന്നുമില്ല സ്വാഭാവികമാവും പക്ഷേ അദ്വൈതം ഒരു ചിന്താ പദ്ധതി എന്നുള്ളതൊക്കെ അതിന്റെ അകത്ത് തന്നെ ഇത്രയും വലിയ ഗൗരവമായി പൊരുത്തക്കേടുകൾ വന്നു അതും സാധാരണക്കാർക്കും അതിന്റെ സ്ഥാപക ആചാര്യന്റെയും പ്രധാന ശിഷ്യന്മാരുടെയും ഇടയ്ക്ക് തന്നെ ഈ ആശയവൈരുദ്ധ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അദ്വൈതത്തിനെ സംബന്ധിച്ചൊരു ന്യൂനത തന്നെയാണ് നമ്മളെപ്പോ നമുക്കൊന്നും അതൊരു പ്രശ്നമില്ല കാരണം എന്തുകൊണ്ട് കേട്ടില്ല അങ്ങോട്ട് പോവാത്തോണ്ട് നമ്മള് ബ്രഹ്മസത്യം ജില്ല മിഥ്യാന്ന് കേട്ട് നിർമ്മൃതി അടങ്ങി ജീവിക്കുന്നവർ അതിനപ്പുറമൊന്നുമില്ല നമ്മള് എന്താണ് വിവേക ആത്മബോധം തത്ത്വബോധം വായിച്ച് ബ്രഹ്മജ്ഞാനികളായി ജീവിക്കുന്നവരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പൊരുത്തക്കേടും പക്ഷെ അദ്വൈതത്വരും അതിന്റെ പൂർണ്ണതയിൽ എടുത്തു കഴിഞ്ഞാൽ ആന്തരികമായ വൈരുദ്ധ്യങ്ങൾ കൊണ്ട് പരസ്പരം പൊരുതുന്നവരാണ് ഇതിന്റെ ആചാര്യസ്ഥാനത്തിരിക്കുന്നവരെന്ന് അങ്ങനെ ഒരു പ്രശ്നത്തിനകത്തുണ്ട് അദ്വൈതം വിശദീകരിക്കുന്നവരും ഇത് പരസ്യമായി കളയാറില്ല പേടിച്ചിട്ടാണ് പറയാത്തത് മനഃപൂർവമല്ല ഇത് കഞ്ഞുകൂടി മുട്ടിക്കുന്ന സംഭവങ്ങളാണ് പക്ഷെ അതിനകത്തുണ്ട് എന്നുള്ളതിന് ഇത് തന്നെ വളരെ സ്പഷ്ടം പ്രക്രിയ എന്ന് പറയുന്ന ആശയത്തെ വിശദീകരിക്കുന്നതാണ് ആശയവിശദീകരണങ്ങളെയാണ് പ്രക്രിയ പ്രക്രിയ കൂടി പ്രക്രിയാ ഭേദം വന്ന ആശയഭേദം വന്ന ആശയഭേദം വന്നോട്ടെ കുഴപ്പമില്ല പിന്നെ സഹിക്കുക ആശയവൈരുദ്ധ്യം വരുന്നു അവിടെ ആശയങ്ങളിൽ വൈരുദ്ധ്യം വരുവാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ എന്താണോ അദ്വൈതവും ഇഷ്ടാദ്വൈതവും തമ്മിൽ വൈരുദ്ധ്യം വരുന്നു അതുപോലെ വെറിലാതരികമായ വൈരുദ്ധ്യവും വരും ഈ വൈരുദ്ധ്യം വരിക എന്നുള്ള ഞാൻ വെറുതെ ഒരു ചമത്കാര ഭാഷ ഉപയോഗിക്കുന്നല്ലേ എന്തുകൊണ്ട് വൈരുദ്ധ്യം വരിക എന്ന് പറഞ്ഞു ഈ ആചാര്യന്മാര് പരസ്പരം ഖണ്ഡിക്കുകയാണ് അതായത് ബ്രഹ്മസൂത്ര ആദ്യമുണ്ടായ വ്യാഖ്യാനമാണ് പഞ്ചപാതിക അത് കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുന്നത് ബാമതി ബാമതി വ്യാഖ്യാനത്തിൽ മുഴുവൻ ശ്രമിക്കുന്ന എന്തിനാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പഞ്ചപാതികയെ ധണ്ണിക്കുക അതിനാണ് നിരന്തര സ്ഥിതി അപ്പൊ പിന്നെ ഇവര് തമ്മില് പ്രക്രിയ ഭേദമൊന്നുള്ളതെല്ലാം ഇവര് തമ്മിൽ വിരോധമാണ് ഫൈറ്റ് ചെയ്യണം പരസ്യം അതാണ് ഞാൻ പറഞ്ഞത് ശാസ്ത്രത്തിൽ ആന്തരികമായ വൈരുദ്ധ്യമുണ്ട് അത് അതിലൂടെയൊക്കെ ഒന്ന് കടന്നുപോയ മതപ്രഭാഷണം കേട്ടിട്ട് ആത്മാനന്ദ നിർവൃതി ജീവിക്കുന്നവർക്ക് അത് പറയുന്നവർക്ക് ഇതൊന്നും മനസ്സിലാക്കില്ല അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു അതിന് തെളിവ് ഇത് തന്നെയാണ് ഇവിടെ തീരുന്നില്ല മഹസൂൻ സരസ്വതി ഇങ്ങനെ പറഞ്ഞു ശങ്കരാചാര്യ പറഞ്ഞു നേരെ വിരുദ്ധമായി മഹസൂബന് സരസ്വതി എന്താണ് സമാധി എന്ന് പറഞ്ഞു അത് വേറെ സാധനമാണ് തത്വജ്ഞാനോ അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഇത് മറ്റൊരു തത്വം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ധനപതി സ്വതി ഇദ്ദേഹം മധുസൂദന സരസ്വതിയെ കണ്ടിക്കാൻ വേണ്ടിയൊരു വസ്തുവര് വ്യാഖ്യാനമായി അത് ഞാൻ പലപ്പോഴും അതിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ഭാഷ ഉത്കർഷ ദീപികളി പറയുന്ന ഈ പറഞ്ഞിരിക്കുന്ന മുഴുവൻ അബദ്ധമാണ് എന്താണ് സമാധീകരിക്കുന്നവൻ സമാധി നടന്നവൻ അങ്ങനെ രണ്ട് തരത്തിൽ ഈ ചോദ്യത്തെ വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ് എന്തുകൊണ്ടാണ് തെറ്റെന്ന് പറയുന്നത് രണ്ട് കാരണങ്ങൾ ഒന്ന് പറയുന്നത് അത് ഭാഷ്യകാരം പറഞ്ഞതിന് വിരുദ്ധമാണ് അതുകൊണ്ട് തെറ്റാണ് ഭാഷ്യകാരനാണല്ലോ പരമാചാര്യ ഭാഷകാരൻ പറഞ്ഞതിന് വിരുദ്ധമായി ശിഷ്യം പറഞ്ഞിരിക്കും ണിച്ചിട്ട് അദ്വൈതത്തെ സ്ഥാപിക്കുന്ന ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച ആളാണ് വളരെ പരിശ്രമം നടത്തിയ ആളാണ് അപ്പൊ അങ്ങനെ അദ്വൈതം സ്ഥാപിച്ച ഒരാളെല്ലാം ഭാഷകാരൻ പറഞ്ഞതിന് നേരെ വിവിധ എഴുതിയിരിക്കുന്നു അപ്പൊ ഭാഷകാരൻ പറഞ്ഞതിന് നേര വീഡിയുമായി ഇത്രയും വലിയൊരു പണ്ഡിത ന്യായാമൃതം എന്ന് പറയുന്ന ഒരു ദ്വൈത ഗ്രന്ഥത്തെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ടാണ് അദ്വൈത സിദ്ധി ചെയ്യുന്നത് അത് ഖണ്ഡന മണ്ഡലങ്ങളുടെ ഒരു പൊടിപൂരമാണ് അത് വായിച്ചു മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ കുറച്ച് പരിശ്രമം ആവശ്യമാണ് എളുപ്പമൊന്നും അങ്ങനെ ആരും വായിച്ച് മനസ്സിലാക്കും അത്രയും ഗഹനമായ ഗ്രന്ഥം വഴിയാണ് പഴുഷക്കാരനെ അവഗണിച്ചിട്ട് സ്വന്തമായ അടക്കം പറഞ്ഞിരുന്നത് അതിന് വിരുദ്ധമായ അടക്കം പറഞ്ഞിരിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് മധുസ്വനുസ്വരസ്വതി ശരിയല്ല എന്ന് പറഞ്ഞ് മധസ്വനുസ്വൽസ്വതി ഭണ്ണിക്കുക ധനപതി ദേവത പറയുന്നത് ശരിക്കും എന്താണോ സമാധി എന്ന് പറയുന്നത് വാസിഷ്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ മഹസൂല സരസ്വതി വാസിഷ്ഠഭക്തനാണ് അതുകൊണ്ടാണ് വാസിഷ്ഠത്വം ഉദ്ധരിച്ചിട്ട് പറയുന്നു സമാധി തത്വജ്ഞാനമാണ് അതിന് ആസനവുമായിട്ടോ പ്രാണായാമവുമായിട്ടോ ബന്ധമൊന്നുമില്ല അപ്പോ തത്വജ്ഞാനിയുടെ സമാധിക്ക് പ്രാണായാമത്തിന്റെ ആസനത്തിന്റെയൊന്നും ആവശ്യമില്ല അഷ്ടാംഗ യോഗത്തിന്റെ ആവശ്യമുണ്ട് അത് കേവലം തത്വജ്ഞാനമാണ് അത് പ്രത്യേകിച്ചൊരവസ്ഥയല്ല അയാൾക്ക് ശരിയായ ബോധമുള്ളൊരവസ്ഥയല്ല എന്നു പറഞ്ഞിട്ട് വാസുഷ്ഠത്തിന്റെ വരികളെല്ലാം ഉദ്ധരിച്ചിട്ട് അതൊക്കെ പുസ്തകങ്ങളുണ്ട് സംസ്കൃതം വായിച്ചെ കുറിച്ചൊക്കെ മനസ്സിലാകുമെന്നുള്ളവരുടെ കഥ വായിച്ചു എന്നിട്ട് എന്ത് ചെയ്യുന്നു മത്സൂരൻ സരസ്വതിയെ ഖണ്ഡിക്കുന്നു രാമാനുജൻ പറയുന്നത് രാമാനുജൻ പറയുന്ന തത്വജ്ഞാനം മേലെ ശങ്കരായ തത്വജ്ഞാനം മേൽ തത്വജ്ഞാനം എന്ന് പറയുന്നെങ്കിൽ രണ്ടും രണ്ടും തത്വജ്ഞാനമാണ് രാമാനുജന്റെ രാജാനും രാമാനുജൻ പറയുന്നത് ശങ്കരായ തത്വജ്ഞാനത്തിൽ ഭ്രാന്തി സംഭവിച്ചു ഭ്രാന്തനാണെന്നാണ് നേരത്തെ അത് വന്ന ഭാവ ശങ്കരാചാര്യത് മൊത്തം ഭ്രാന്തി സംഭവിച്ചിരിക്കുന്നത് ശങ്കരാചാര്യ ഭ്രാന്തിയുടെ ആളാണല്ലോ രാമാനുചാചാര്യർ ഭ്രാന്തി അംഗീകരിക്കാത്ത ആളാണ് അപ്പൊ ശങ്കരാചാര്യരുടെ സിദ്ധാന്തം മുഴുവൻ ഭ്രാന്തിയാണെന്നാണ് ആര് പറയുന്നത് രാമാനുചാര്യർ അതുകൊണ്ട് എന്ന് പറയുന്നത് ശങ്കരാചാര്യന്റെ തത്വജ്ഞാനത്തെ രാമാനുജാചാര്യർ ഭ്രാന്തിയായിട്ട് അപ്പം പിന്നെ തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാണെന്ന് പറയാൻ ഘട്ടത്തിൽ പരസ്പരം എതിർക്കുന്നത് അദ്വൈത പരമ്പരയിൽ വരുന്ന ധനപതിയും മൗസോന സരസ്വതിയും പരസ്പരം എതിർക്കും മൗസന സരസ്വതി പറഞ്ഞ ശരിയല്ല അദ്വൈതം അതിനെ എതിർക്കും അപ്പൊ ആന്തരികമായി പു പുരത്തക്കേടുകളിൽ തന്നെ അദ്വൈതത്തിൽ ധാരാളമുണ്ട് ആന്തരികമായി തന്നെ ഖണ്ഡന മണ്ഡലങ്ങളുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പഞ്ചപാതികയെ ഖണ്ഡിക്കുകയാണ് ഭാമതി കാര്യം ചെയ്യുന്നത് അത് ഖണ്ഡിച്ചപ്പോൾ സഹിക്കാൻ വയ്യാതെ പഞ്ചപാതിക വ്യാഖ്യാനം വിവരണം വിവരണത്തിന്റെ വ്യാഖ്യാനങ്ങളൊക്കെ വന്നു അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യുന്നു ഈ ഭാവതീകാരനെ ഖണ്ഡിച്ചു ഒരു വ്യാഖ്യാനം എഴുതുന്നതന്നെ മറ്റൊരുത്തരം ഖണ്ഡിക്കാൻ വേണ്ടിട്ടാണ് ആന്തരികമായി തന്നെ ഖണ്ഡന മണ്ഡലങ്ങൾ നടക്കുന്നു എവിടെ ആന്തരികമായ പൊരുത്തം വരുന്നത് അത് അദ്വൈതത്തിനുണ്ട് ഇതൊക്കെ ഇനി രാമാനുജന്റെ പരമ്പര കൊണ്ടെന്ന് വെച്ചാൽ അവിടെയുണ്ട് ഈ ഖണ്ഡന മണ്ഡലം അവരും എന്ത് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിക്കുകയും വണ്ടി അതുകൊണ്ട് ആന്തരികമായ പിടുത്തക്കേടുകൾ തന്നെ ഇതിനകത്ത് ധാരാളമാണ് പുറമേ പുറമേ നിന്ന് ഒരാളൊന്നും ഇതിനെ ആക്രമിക്കേണ്ട കാര്യമൊന്നും ഇല്ല പുറമേ നിന്ന് ആക്രമിക്കുന്നവരൊക്കെ എടുത്തു കാണില്ല നിങ്ങളുടെ അകത്ത് ഇങ്ങനെ പ്രശ്നവും അപ്പൊ ഞാനിതൊക്കെ പറയുന്നത് എനിക്ക് പ്രത്യേകിച്ച് അവരോട് ആരോടും പ്രത്യേകിച്ച് കടപ്പാടൊന്നും ഇല്ലാത്തതെന്ന് ഞാൻ പറയുന്നു എന്നുണ്ടെങ്കിൽ അത് എല്ലാവരും പറയാൻ ധൈര്യപ്പെടത്തില്ല കാരണം എല്ലാവർക്കും ഇഷ്ടം എന്താണ് ശങ്കരാചാര്യരുടെ പരമ്പര ആയാലും ശരി രാമാനുജന്റെ പരമ്പര ആയാലും ശരി എല്ലാവർക്കും ഇഷ്ടം എന്താണ് ജ്ഞാനികളാകുക എന്നുള്ളത് ജ്ഞാനികളായി ശുഭിച്ച് പാർക്കുക ഇതാണ് എല്ലാവരുടെയും സ്വപ്നം അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിക്കെത്തി അതാണ് എന്റെ പ്രത്യേകത അതുകൊണ്ട് ഞാനത് പറഞ്ഞു പറഞ്ഞ് ആരും നിരാശപ്പെടേന്നും വേണ്ട പലരുടെയും കാറ്റുപോയി അതിന്റെ കാര്യമൊന്നുമില്ല ശാസ്ത്രങ്ങൾ ദർശനങ്ങൾ തത്ത്വചിന്ത ഇതിന്റെയൊക്കെ സ്വഭാവം ഇങ്ങനെയാണോ എന്ന് മനസ്സിലാക്കിയാണ് എല്ലാവരും അപ്സെറ്റാണ് എന്നെ ആക്രമിക്കാനും വരണം അതവിടെ പറയങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു പോക്ക് ഇപ്പോ ഇവിടെ രാമാനുചാര്യെന്ന് പറയുന്നു ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം എന്താണ് അത് വിശദീകരിക്കുന്നു മറ്റൊന്നും സ്ഥിതപ്രജ്ഞന്റെ അനുഷ്ഠാനം എന്തൊക്കെയാണ് അത് മനസ്സിലാക്കാം എന്താണ് ഗീതയിലെ ശ്ലോകങ്ങൾക്കനുസരിച്ച് അത് മനസ്സിലാക്കാം ഇവിടെ ശിവപ്രജ്ഞന്റെ ലക്ഷണം എന്ന് ആരാണീ ശിവപ്രജ്ഞൻ അത് നമുക്ക് മനസ്സിലാക്കി ആയാ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതും മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ അത് ഗീതയുടെ ശ്ലോകങ്ങളോട് ചേർന്നിരിക്കുന്ന കാര്യം തന്നെയാണ് അത് തുടർന്നുവരുന്ന ഭാഗിൽ അതാണ് മനസ്സിലാക്കരുത്